അപ്പോൾ ഇന്ന് പുതുതായിട്ട് വന്ന ആളുകൾക്ക് ആളുകൾക്കും പഴയ ആളുകൾക്ക് ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട് അനുഗ്രഹമേ പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ജ്യോതിഷശാസ്ത്രം ശരിയായിട്ട് പുണ്യകാര്യമായിട്ട് ഗ്രഹിക്കുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനും ഉള്ള അനുഗ്രഹം അധ്യാപനവും കൂടെയുണ്ട് അഞ്ച് യജ്ഞങ്ങളുണ്ട് അധ്യാപനം ബ്രഹ്മയജ്ഞ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് അത് പഠിപ്പിച്ചുകൊടുക്കുകയാണ് ഇത് പഠിച്ചാലും പോരാ പഠിപ്പിക്കുന്നതാണ് പിന്നെ ഏറ്റവും ശ്രേഷ്ഠം ഈ വിദ്യ പഠിപ്പിക്കുന്നത് അഞ്ച് യജ്ഞങ്ങളെന്ന് പറയുന്നത് അധ്യാപനം പിതൃയജ്ഞം ഭൂതയജ്ഞം നൃയജജ്ഞം നിറയജ്ഞം അതിഥി പൂജനം ഇങ്ങനെ അഞ്ച് യജ്ഞങ്ങളുള്ളതിൽ അധ്യാപനം ബ്രഹ്മയജ്ഞ പിതൃയജ്ഞന്തു തർപ്പണം ഹോമോ ദേവോ ബലിർഭൗതു നൃയജ്ഞം പൂജനം ഇങ്ങനെയാണ് അഞ്ച് യജ്ഞങ്ങളുള്ളത് അതിൽ അധ്യാപനം ബ്രഹ്മയജ്ഞം നമ്മളെല്ലാവരും ഈ ഇനിയുള്ള തലമുറയ്ക്ക് ഇത് ഈ വിദ്യാ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് എല്ലാവരും വളർന്നു വരട്ടെ എന്നുള്ള അനുഗ്രഹത്തോടു കൂടി ആശീസോടുകൂടി ഞാൻ തൽക്കാലം നിർത്തുന്നു